ധ്യായം മൂന്ന് അനന്തരം യഹോവ എന്നോട് ഇസ്രയേൽ മക്കൾ അന്യദേവന്മാരോട് ചേർന്ന് മുന്തിരിയടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചുകൊണ്ടിരിക്ക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ അവളെ പതിനഞ്ച് വെള്ളിക്കാശിനും ഒന്നര ഹോമർ യവത്തിനും മേടിച്ച് അവളോട് നീ ബഹുകാലം അടങ്ങിപ്പാർക്കണം പരസംഗം ചെയ്യുകയോ മറ്റൊരു പുരുഷന് പരിഗ്രഹമായിരിക്കുകയോ അരുത് ഞാനും അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു ഈ വിധത്തിൽ ഇസ്രയേൽ മക്കൾ ബഹുകാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും ില്ലാതെയും ഗ്രഹബിംബമില്ലാതെയും ഇരിക്കും പിന്നത്തേതിൽ ഇസ്രയേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ താവീദിനെയും അന്വേഷിക്കും ഭാവി അവർ ഭയപ്പെട്ടും കൊണ്ട് അവന്റെ നന്മയെങ്കിലേക്കും വരും